ഭൂമിയിൽ ശത്രുക്കളെ ശക്തമായി തോൽപ്പിക്കുന്നതുവരെ യുദ്ധത്തടവുകാരെ ലഭിക്കുക എന്നത് ഒരു പ്രവാചകന് അനുയോജ്യമായ കാര്യമല്ല നിങ്ങൾ ദുനിയാവിന്റെ താൽക്കാലിക ലാഭമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അള്ളാഹുസ്ബഹാനഹുവറ്റായാല പരലോകമാണാഗ്രഹിക്കുന്നത് അള്ളാഹുസ് ബഹാനഹൂവറ്റായല പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു